വ്യക്തികളും അപരനാമങ്ങളും ആചാര്യ രജനീഷ് ഓഷോ ആഡം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽഫ്രഡ് ഹിച്ച് കോക്ക് മാസ്റ്റർ ഓഫ് സസ്പെൻസ് ബാലഗംഗാധർ തിലകൻ ലോകമാന്യ ബെനീറ്റോ മുസോളിനി സെക്കൻഡ് ഡ്യൂസ് ഭഗത് സിംഗ് ഷാഹിദ് ഇ അസം ി രാജഗോപാലാചാരി സി ആർ രാജാജി സി എഫ് ആൻഡ്രൂസ് ദീനബന്ധു സി എൻ അണ്ണാദുരൈ അണ്ണ ദാദാബായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്രത്തിന്റെയും പിതാവ് ദാദാസാഹെബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ അയൺ ഡ്യൂക്ക് എഡ്മണ്ട് സ്പെൻസർ കവികളുടെ കവി ഏണസ്റ്റ് റുദഫോൺ ആറ്റം ബോംബിന്റെ പിതാവ് ഇർവിൻ റോമൽ മരുഭൂമിയിലെ കുറുക്കൻ ഫ്ലോറൻസ് നൈറ്റിൻഡേർ വിളക്കേന്ദ്രിയ വനിത ജെഫ്രി ചൌസർ ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് ജിയോ വിന്നി നോവലിന്റെ പിതാവും ഹെൻഡിക് ജെ ഇപ്സൻ ആധുനിക നാടകത്തിന്റെ പിതാവ് ഹെറോഡോട്ടസ് ചരിത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹോമിജെ ഭാഭ ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഉരുക്ക് ജെ ആർ ഡി ടാറ്റ ഇന്ത്യൻ വ്യോമയാനത്തിന്റെ പിതാവും ജംഷഡ് ജി ടാറ്റ ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ചാച്ച പണ്ഡിറ്റ്ജി ജയപ്രകാശ് നാരായൺ ജെ പി ലോക് നായക് ജോസഫ് പ്രീസ്ലി ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് കെ എം കരിയപ്പ ഇപ്പർ കെ പുട്ടപ്പ കുവേമ്പു കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി ബാദ്ഷാ ഖാൻ ഹക്രി ഇ അഫ്ഖാൻ ലാല ലജപത്രായ് പഞ്ചാബ് കേസരി ഷേർ ഈ പഞ്ചാബ് എം കെ ഗാന്ധി ബാപ്പു മഹാത്മാ രാഷ്ട്രപിതാവ് മദൻ മോഹൻ മാളവ്യ മഹാമാന്യ നന്ദലാൽ ബോസ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നെപ്പോളിയൻ ിറ്റിൽ കോർപ്പറൽ മാൻ ഓഫ് ഡെസ്റ്റിനി ഓട്ടോവോൺ ബിസ്മാർക്ക് മാൻ ഓഫ് ബ്ലഡ് ആൻഡ് Iron അയൺ ചാൻസലർ രവീന്ദ്രനാഥ് ടാഗോർ ഗുരുദേവ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് സമുദ്രഗുപ്തൻ Indian Napoleon Sarojini Naidu, ഇന്ത്യയുടെ വാനമ്പാടി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള കാശ്മീരിലെ സിംഹം ഷെയ്ഖ് മുജീബുർ റഹ്മാൻ വംഗബന്ധു സെന്റ് നിക്കോളാസ് സാന്താക്ലോസ് സുഭാഷ് ചന്ദ്രബോസ് നേതാജി ടി ടി കൃഷ്ണമാചാരി ടി ടി കെ ടി പ്രകാശം ആന്ധ്രാ കേസരി നോർഗെ മഞ്ഞിലെ പുലി വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക് വിനോബ ഭാവേ ആചാര്യ വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ വില്യം ഷേക്സ്പിയർ ബാഡ് ഓഫ് ഏവൺ കേരള ഗാന്ധി കെ കേളപ്പൻ മലയാളത്തിന്റെ ഇപ്സർ എൻ കൃഷ്ണപിള്ള മലയാളത്തിന്റെ സ്കോട്ട് പി വി രാമൻപിള്ള കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള വാത്മീകി വള്ളത്തോൾ സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ള